ിയോ അധികാരം നിങ്ങൾക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരം ഫലേഷും കഥാചരണം ഫലത്തിൽ ഒരിക്കലും അധികാരമില്ല ഇതാണ് ഇവിടെ രാമായചാചാര്യ വ്യാഖ്യാനിച്ചത് ഈ സങ്കര വ്യാഖ്യാനിച്ചത് കർമ്മത്തിൽ മാത്രമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ ജ്ഞാനത്തിൽ അധികാരമില്ല അത് കർമ്മത്തിന് അധികാരിയായിട്ടുള്ളവരായതുകൊണ്ട് ജ്ഞാനത്തിന് അധികാരി ആ വ്യത്യാസം പറയും അത് കഴിഞ്ഞ് പറയുന്നു മാ കർമ്മഫല ഹേതു നീ കർമ്മഫലത്തിന് ഭേതുവാകരുതെന്നാണ് ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചത് രാമാനുചാര്യർ വ്യാഖ്യാനിക്കുന്നത് നീ കർമ്മത്തിനും ഫലത്തിനും ഭേദവാകും കഴിഞ്ഞ ദിവസം പറഞ്ഞു നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഫലത്തിന് നിനക്ക് അധികാരമില്ല വീണ്ടും പറയാണ് കർമ്മഫലത്തിന് അധികാരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരുത്യ ദോഷം അതുകൊണ്ട് ഷഷ്ടി സമാസം അതിന് പാലങ്ങളെ ദ്വന്ദ്സമാസത്തിൽ അർത്ഥം പറഞ്ഞു കർമ്മത്തിനും ഫലത്തിനും നിനക്ക് അധികാരം ഇല്ല അങ്ങനെ പറയുന്ന രാമായിലാചാരെ കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചിട്ടാണ് പറയുന്നത് ബംഗൾ ജോസഫ് പറഞ്ഞാലും ഭോജനാദിസാധ്യ ക്ഷു നിവൃത്യാദി ഫലനിഷേധ തഥാ തതുപായ രാഗസ്ാഭിനിവൃത്തി ശരീരധാരണാദേഹം സം ചെയ്യുന്ന ഉപായ അനുഷ്ഠാന സീവ രോഗസ്ഥിത്യാഹ ഫലസ്യൂടെ ഭാഷ പറഞ്ഞു ഫലസ്യാമിട്ടെന്ന് പറയാതെ എണ്ണത്വം ഹേദിത്യനുസൃക്കും ഇവിടെ ഒന്ന് കർമ്മം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ആദ്യം പറയുന്നത് നിത്യന്തൈവി തികങ്കാമയും ഇത്ര കർമ്മങ്ങളാണെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നു വൈദിക കർമ്മങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം ചോദിച്ചത് മാത്രമല്ല ഭക്ഷണം വൈദ്യ എല്ലാം കർമ്മത്തിൽപ്പെടും അപ്പൊ എല്ലാ കർമ്മങ്ങളെയും എടുക്കാം അതൊരു കാര്യം അവിടെയും അത്തരം കർമ്മങ്ങളിലും ഫലത്തിൽ നിഖേതുമാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫലസ്യാതെ ഫലത്തെ പ്രത്യേകം പറഞ്ഞാലാണ് ചുന്നുവർത്തിയാകുക വിസപ്പുമാർ ചുന്നുവർത്തി അതായത് പഴയകാലത്ത് ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ പ്രയോജനമായി പറഞ്ഞിരുന്നത് വിശപ്പുമാർ അങ്ങനെ വ്യാഖ്യാരിക കാരണം പഴയകാലത്ത് വിശപ്പ് മാറുന്നതിന് വേണ്ടി ഭക്ഷണം കിട്ടുന്നത് പോലും ബുദ്ധിമുട്ടായിരുന്നു പലപ്പോഴും പല കാരണങ്ങളും ഭക്ഷണം കൃഷിയിൽ ഉണ്ടായ മനുഷ്യൻ പഠിച്ചപ്പോഴും അത് സംരക്ഷിക്കാൻ പഠിച്ചില്ല എങ്ങനെ സംഭരിക്കാം അത് എങ്ങനെ വിതരണം ചെയ്തു എന്നുള്ള സംവിധാനം അതുകൊണ്ട് ഭക്ഷണം പലപ്പോഴും കിട്ടാറുണ്ട് അപ്പോ പിന്നെ ഷോപ്പ് പിന്നെ കൈ കൊള്ളവർ ഭക്ഷണം കൈവശപ്പെടുത്തും അതില്ലാത്തവരും ഭക്ഷണം കിട്ടാതെ വരും അപ്പൊ പഴയകാലത്ത് ഭക്ഷണത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ക്രമങ്ങളൊക്കെ നമ്മൾ ഭക്ഷണം കൂടെ എടുക്കും അപ്പോ ഭക്ഷണം വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം കിട്ടി ആ കാലകപ്പം ഇന്ന് മനുഷ്യൻ വിശപ്പ് മാറാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്നവർ ഉണ്ട് പക്ഷെ വളരെ കുറവാണ് ഇന്ന് സാധാരണ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നത് ഈ ഭക്ഷണത്തിന്റെ രുചി വൈവിധ്യം ആസ്വദിക്കാൻ വേണ്ടി കഴിക്കുന്നവരുണ്ട് സമയം പിന്നെ സാധാരണ ഗതിയിൽ നിന്ന് മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റും അല്ല വിശപ്പ് മാറാൻ വേണ്ടിയിട്ട് പഴയകാലം ഇന്നത്തെ കാലം നമ്മൾ വ്യത്യാസം അപ്പൊ ഇന്ന് അന്ന് ചിന്തിക്കാൻ പറ്റും വിശപ്പ് മാറിയാൽ അതൊരു വലിയ ഭാഗം ചിലപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഭക്ഷണത്തിന്റെ പ്രയോജനമായിട്ടൊന്ന് വൃത്തി പെസിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ എടുത്തു വെച്ചു അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ ആരോഗ്യവും രുചിയും ഒക്കെ മനുഷ്യർ ഈ പൊട്ടിയുടെ നിറയെ സാധനങ്ങളാണല്ലോ എന്തിനും ശബ്ദമില്ല കൊട്ടക്കിണക്കിന് സാധനങ്ങളായിരിക്കും ശബ്ദമായിരുന്നു ഇപ്പോഴും കേൾക്കുന്നില്ല അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട് ആ ഇപ്പൊ അങ്ങനെയുണ്ട് കേൾക്കാത്തവരോ അതിന്റെ അടുത്ത് പോയിരിക്കുക അപ്പൊ കേൾക്കും നേരെ പോയി കേൾക്കുന്നുണ്ടാ ഉണ്ടാ ശരി അപ്പോ കേൾക്കാൻ വയ്യാത്തവരുടെ അവിടെ പോയിരിക്കുക അതെയുള്ളൊരു പരിഹാരം ഭക്ഷണത്തിന്റെ പ്രയോജനമായി പഴയകാലത്ത് പറഞ്ഞിരുന്നത് നിശ്കുമാർ അത്രയൊക്കെയാണ് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമായിരുന്നു ഭഗവാനാണ് അതിന് എടുക്കുന്നത് ഇവിടെ അത് സാന്ദർഭികമായി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഒന്ന് കർമ്മം എന്ന് പറയുന്നത് കൊണ്ട് വൈദിക മാത്രമല്ല മറ്റ് കർമ്മങ്ങളും പിന്നെ കർമ്മഫലത്തിന് ഹേതുമാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ഇത് ആൾക്കാർക്കെങ്കിലും വ്യാഖ്യാനിച്ച് മാറിക്കുന്ന ഒരു സംഭവമാണ് കൊണ്ട് ശ്രദ്ധിക്കുന്നത് ഈ കർമ്മഫലത്തെ നിഷേധിക്കുകയാണോ എന്നുള്ള കർമ്മഫല ഹേതു കർമ്മഫലത്തിന് നിഷേതുമാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫലത്തെ നിഷേധിക്കണം എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കുക വിശപ്പ് മാറാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ അവിടെ പറയുന്നത് ഭോജനാവിധ സാധ്യ അക്ഷം നോക്കിയാതി ഫലം നിഷേധ അങ്ങനെ ഒരർത്ഥമെടുക്കാമോ ഈ പദ്ധതി വ്യാഖ്യാനിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ചർച്ച വരുന്ന കർമ്മഫലത്തിന് ഹേതുവാകരും എന്ന് പറഞ്ഞാൽ കർമ്മഫലം വേണ്ടെന്ന് വെക്കുക അത് കർമ്മത്തിൻ്റെ ഫലം നമ്മുടെ ഇച്ഛയ്ക്ക് അധീനമാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം ഇച്ഛയ്ക്ക് അധീനമായ ഫലമാണ് ഒരു കച്ചവടം നടത്തുന്നു അവിടെ കർമ്മത്തിന്റെ ഫലമായി ലാഭം ഒരാളെ ലാഭം വേണ്ടെന്ന് വെക്കും അത് ഒരു കർമ്മഫലമാണ് മുഖ്യമായ കർമ്മഫലം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വേണമെങ്കിൽ ഒരാൾക്ക് കർമ്മത്തിന്റെ ഫലത്തെ വേണ്ടെന്ന് വെക്കാം ദാനം അധ്വാനിച്ച് സമ്പാദിക്കുന്നത് ആണെങ്കിലും ദാനം ചെയ്യാം തനിക്ക് വേണ്ട ഇവിടെയെല്ലാം കർമ്മത്തിന്റെ ഫലത്തോട് ഇവിടെ കർമ്മഫലത്തെ വേണ്ട നോക്കിയാണ് അങ്ങനെ ഒന്നാം പ്രശ്നമായിട്ട് എന്താണ് ഒരുപക്ഷം തഥാ രാഗസ്യ വിനോദത്തേക്ക് ശരീരധാരണാകെ അഭാവപ്രസംഗിക്കുന്ന ഉപായ അനുഷ്ഠാന ഒരു കർമ്മത്തിന്റെ ഫലം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ഉണ്ടാകുന്ന തൃപ്തി ഉപേക്ഷിക്കും അലക്ഷി നിവർത്തി വിശപ്പ് മാറുക എന്ന് പറയുന്ന അതിനെ ഉപേക്ഷിക്കും അത് ഉപേക്ഷിക്കുക എന്ന് പഴയ രീതിയിൽ വെച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് എന്നുള്ള ആഗ്രഹം കൊണ്ട് ഭക്ഷണം കഴിക്കും വിശപ്പ് മാറുമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ആ രസപ്പ് മാറുമെന്നുള്ള ആഗ്രഹം ഇച്ഛ അല്ലെങ്കിൽ യാഗം അതും ഉപേക്ഷിക്കുക എന്തുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും അങ്ങനെ ഒരു ആഗ്രഹമില്ല അങ്ങനെ ഒരു ആഗ്രഹമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കാൻ കാരണം എല്ലാ പ്രവൃത്തികൾക്കും സാമാന്യമായി പ്രേരകമായിരുന്നാണ് മനുഷ്യന്റെ കൂടെയിലിരിക്കുന്ന ഒരാക ഇച്ഛാനാതി ഇച്ഛത്തെ എന്നാണ് പ്രവർത്തിക്കുമ്പോൾ ഒരു ഇച്ഛ ഉണ്ടാവും അത് നിഷേധിക്കുന്നില്ലെങ്കിൽ പ്രവൃത്തി ചെയ്യണമെന്നുള്ളൊരു ഇച്ഛ ഉണ്ടാവും ആ ഇച്ഛ എങ്ങനെ നിഷേധിക്കാൻ പറ്റും ഇപ്പം ഭക്ഷണം കഴിക്കുന്നവനും ഒരു ആഗ്രഹങ്ങൾ വിശപ്പ് മാറണം അങ്ങനെ ഒരു കർമ്മഫലം ഇല്ലെങ്കിൽ വിശപ്പ് മാറണമെന്നുള്ള ഒരാകോ ഇച്ഛയില്ലാതെ അതില്ലാതെ ഞാനും ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾ ചത്വവും ജീവിതം അസാധ്യമായി കർമ്മഫല ത്യാഗം എന്ന് പറയുന്നത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കർമ്മഫലത്തിന് ഹേതുവാകരുതെന്ന് വിചാരിച്ചാൽ എന്താണ് അതുകൊണ്ടുകൂടെ വിവക്ഷിക്കുന്ന എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണമെന്നാണ് പറയുന്നു ഒരിക്കലും കർമ്മഫലത്തിന് കാരണമാകരുതെന്ന് പറയുന്നുണ്ട് ഫലത്തെ നിഷേധിക്കാൻ പാടില്ല വിശേഷിച്ചും സാധാരണ കർമ്മങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോലെയുള്ള കർമ്മങ്ങൾ ഫലം സംഭവിച്ചാൽ മതിയാവും അപ്പൊ നിഷേധിച്ചു കഴിഞ്ഞാൽ നോക്കുക അതുപോലെ രാഗസ്യാപി വർക്ക് അതിന്റെ ഭക്ഷണം കഴിക്കുന്ന കൊണ്ടുള്ള ഫലം എനിക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള രാഗം അതുമില്ലാതാകും ഇച്ഛ ശരീരധാരണാതെയും അഭാവപ്രസേം പിന്നെ ശരീരം നിലനിർത്താൻ കഴിയാത്ത മനുഷ്യഴ്ച വന്നവർ ഭക്ഷണം കഴിക്കത്തില്ലല്ലോ ഭക്ഷണം കഴിക്കാനുള്ള എക്സൈസ് ഉണ്ടാവില്ല ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം കൊടുത്തലുകൾ അവർ മരിച്ചോ ഹോമയായി കിടക്കുന്ന രോഗിയും ഭക്ഷണം കഴിക്കുന്നതിനുള്ള ആഗ്രഹമില്ല കഴിക്കത്തില്ല അവർ ഏതെങ്കിലും ഇതിൽ ഭക്ഷണം കൊടുത്തലുകൾ അവർ മരിച്ചു അതുപോലെ ആകും മനുഷ്യന്റെ അവസ്ഥ അപ്പൊ കർമ്മഫലം ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണോ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ സാധാരണ വ്യാഖ്യാനിക്കുന്നതേക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും ഇത്തരം കാര്യങ്ങളൊന്നും ശങ്കരാചാര്യ ചർച്ച ചെയ്യുന്നേ അതുകൊണ്ട് അങ്ങനെയൊന്നും അർത്ഥം എടുക്കരുത് കർമ്മംബലത്തെ നിഷേധിക്കുകയല്ല അവിടെ ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവായ രാഗസ്യാവിമേ ശരീരധാരണാധീനം പ്രഭാവപ്രസംഗീന ഉപായ അനുഷ്ഠാനസേവലോഹസ്യ കർമ്മം കർമ്മലോക സംഭവിക്കും ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറണമെന്നുള്ള ആഗ്രഹമില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ഉപായ ഭവനില്ലാതായി അത് കർമ്മമേ ഇല്ലാതാകും അങ്ങനെ വ്യാഖ്യാനിച്ചു െന്താ ശരിക്കും മാ കർമ്മഫലഹേ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഫലസ്യാധി ചുണ്ണു വൃത്യാദി അങ്ങനെയുള്ള ഫലങ്ങളെപ്പോലും മറ്റേ യാഗം എത്തപ്പെടുക അത്തരം കർമ്മങ്ങളും ഓട്ടെ സാധാരണ കർമ്മങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ പോലും അവിടെ ത്വം ധ്യന സംശയം ഞാൻ ഇരുന്ന് ഹീരുവല്ല എന്ന് ചിന്തിക്കും കർമ്മത്തിന് ഹേതു കാരണം കറും ഞാനല്ല എന്ന് ചിന്തിക്കുക എന്നുള്ളത് അണുക്ഷകേരിത്തിലേന പൗരരുത്യം പരിഹൃതം അപ്പൊ ഇവിടെ വീണ്ടും ഒരു ചോദ്യം വരും ആദ്യം പറഞ്ഞു കർമ്മ നിയോഗാധികാര സ്ത്രീ മഹാബലേഷൻ ഫലത്തിൽ നിങ്ങൾക്ക് അധികാരം വീണ്ടും അതല്ലേ പറയുന്നത് കർമ്മത്തിന്റെ ഫലത്തിലെന്ന് പറഞ്ഞാലും കർമ്മവും ഫലവും എന്ന് പറഞ്ഞാലും ഫലത്തിൽ അധികാരമില്ല എന്ന് വീണ്ടും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ ഇവിടെ ഫലം എന്നുള്ളതുകൊണ്ടെടുക്കേണ്ടത് അവിടെ കർമ്മം എന്ന് പറയുന്നത് കൊണ്ട് വൈദിക കർമ്മം ക്ഷണം കഴിക്കുക പോരോള കർമ്മങ്ങൾ എല്ലാ കർമ്മങ്ങളുടെ ലക്ഷം ദൂരത്തിയാതെ ഇത്യാണ് ഓരോരുത്തരും ബന്ധപ്പെട്ടത് ഇവിടെ കർമ്മഫലം എന്ന് പറയുന്നത് വേറെയാണ് നമ്മൾ പറഞ്ഞാലല്ല നിങ്ങൾ ഒരേ കാര്യം വീണ്ടും പറയുന്നു എന്ന് പറയുന്ന പുനരുത്തി ദോഷത്തിൽ നത്തം ഹേദരിത്തെ സന്ധേയെ മനസ്സിലെയും ട്ടും നിവൃത്തിയാതരൂപം നിഷേധിക്കുക ഇവിടെ എന്താണ് നിശപ്പ് മാറുക പിന്നെ അതുപോലെയുള്ള ഓരോ കർമ്മങ്ങൾ സാധാരണ പ്രവൃത്തികൾ ചെയ്യുക അതിൻ്റെ ഫലം ആ ഫലങ്ങളെയൊക്കെ നിഷേധിക്കുക അതല്ല ഇവിടെ പറയാം ഒരു ഫലത്തെയും നിഷേധിക്കാനുള്ളത് പിന്നെ എന്താണ് ആദിതു ആത്മഹത്വ ധേതുത്വ അനുസന്ധാനം നിഷിദ്ധ്യത ഇതിഭാവ താനതിന് കാരണക്കാരനാണെന്നുള്ളതിനെ നിഷേധിക്കും അത്രയോ താനാണ് ഈ കർമ്മത്തിന് കാരണമാണെന്ന് ചിന്തിക്കാതെ അതാണ് ആത്മനക തദ്വ അനുസന്ധാനം നിഷിദ്ധ്യത എന്ന് പൂർണ്ണത്തോടാൻ ർമ്മഫലു സ്വയം ഹേതുസൻ ഹേതുരത്തെ സിന്ധിയേത അവിടെ ചോദിക്കുന്നു ഒരു പ്രവൃത്തി ചെയ്യുന്നു ഞാനാണല്ലോ ചെയ്യുന്ന ഞാനാണെന്നോ കാരണം അവിടെ എല്ലാ പ്രവൃത്തിയിലെ ഫലം ഞാൻ ചെയ്തുകൊണ്ട് തന്നെ ആ ഫലത്തിനും കാരണത്തരം ഞാനാണ് അങ്ങനെ നിഷേധിക്കാൻ പറ്റും നിഷേധിച്ചെല്ലാം പോവും കർമ്മ സംവിധാനമേപ്പോ കർമ്മഫലോ സ്വയം ഹേതുസ്ഥൻ കർമ്മത്തിനും ഫലത്തിനും താൻ കാരണക്കാരനായിരിക്കേ ഞാൻ ഹേതുരത്തെ അനുസന്ധി ചെയ്യേത ഞാൻ ഹേതുവല്ല എന്ന് അങ്ങനെ ചിന്തിക്കാം ശരിക്കും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത് ഏവഞ്ചർവാകാലുകൾ അനയോ നിർഹേതുവത്വം അനുസന്ധിയാണ് തദ്ശ്വായ അനുഷ്ഠാനമേലോ ഹീ ബുദ്ധിമാനെ പ്രയാസാദിത്യം ചാർവാകൻ പറയുന്നുണ്ട് പറയും ചാർവാകൻ എന്താണ് പറയുന്നത് ഈ നിത്യ നൈമിത്തികം കാമ്യം ഇത്തരം കർമ്മങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത് അത്തരം കർമ്മങ്ങൾക്ക് ഫലമില്ല വിടെ കർമ്മത്തിന്റെയും ബലത്തിന്റെയും ഹേതുത്വത്തെ ചാർവാകം നിഷേധിക്കുന്നു അതുപോലെ ഇപ്പോ ഭക്ഷണം കഴിക്കുന്ന കാര്യം പോട്ടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ ചാർവാക പക്ഷത്തെത്തിച്ച് കാരണം അവർക്ക് ഈ കർമ്മത്തിൽ അവർ വിശ്വസിക്കുന്നു കർമ്മത്തിൽ നിന്ന് ബലമുണ്ടാകുന്ന ഒരു കരുതും കർമ്മത്തെക്കുറിച്ചും ബലത്തിനും കർമ്മത്തിനും ബലത്തിനും ഞാൻ കാരണമല്ല എന്ന് വിചാരിച്ചാൽ വൈദ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ആളില്ലാതെ ഭക്ഷണമെല്ലാം കഴിക്കും അതാണ് ലഭിച്ച സർവകാലിക അനിയവ നിർഹേതുകത്വം മനസ്സിലാക്കി കർമ്മത്തിനും ഫലത്തിനും താൻ കാരണമെല്ലാം ചിന്തിക്കഴി തതച്ചുപായ അനുഷ്ഠാനമേ ആകില്ല അപ്പൊ ആരോ തരം കർമ്മങ്ങൾ ചെയ്യത്തില്ല അഹേതുകതയാത്ര താൻ ഇതിനൊന്നും കാരണമല്ലാം അറിഞ്ഞില്ല പ്രയാസായോഗം അതാരും പ്രയത്നിക്കത്തില്ല പ്രയത്നമില്ലാതെ ഏത് കർമ്മമാണോ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധമുണ്ടെങ്കിലെ മനുഷ്യൻ പറയുന്നില്ല തനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഞാൻ ആ പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് അവിടെ ഭാഷത്തിൽ പറഞ്ഞത് അത് ഭയം സമേശ്വരിയുമായി വനസ്സിന്റെയും ഉത്തര പ്രവക്ഷിക്കുകയും ഉഭയം കർമ്മഹേതുത്വം ഫലഹേതു കർമ്മത്തിന്റെ ഹേതുത്വവും ഫലത്തിന്റെ ഹേതുത്വം ഈ രണ്ടു കാര്യങ്ങളും ഗുണേഷ ഗുണങ്ങളിൽ സത്വൻ്റെ സമസ്ത്രീ ഗുണങ്ങളിലാണ് ഇതിന്റെ ഭേദത്വം വരുന്നത് അല്ലെങ്കിൽ സർവേശ്വര ഈശ്വരൻ്റെ സർവേശ്വരമായി ഈശ്വരനായിരിക്കുന്ന തന്നെ ഇവിടെ ഉപദേശിക്കുന്ന ഭഗവാൻ കർമ്മത്തിനും ഫലത്തിനും ഭേദ ഞാനാണ് അല്ലെങ്കിൽ ഗുണങ്ങളാണ് എന്ന് ചിന്തിക്കണം അപ്പോൾ തന്നെ തന്ന് കർത്തൃത്വം പോയി അതാണ് അതെ തന്നെ നിന്നിങ്ങനെ കടുത്തം മാറ്റിയെടുക്കാൻ പറ്റും അയമേവഹി തൃതീയാധ്യായം പ്രധാനമാണ് ഇക്കാര്യമാണ് മൂന്നാം അധ്യായത്തിൽ പറയുന്നത് ഈ സർവാണി കർമാണി സന്യസ് അധ്യാത്മച നിരാശയത് ധർമ്മമോ ഭൂത്വം യുദ്ധ ഇതാവർത്തിച്ചു പറയണം മൂന്നാം അധ്യായം അധ്യാത്മ ജയിലസ മനസ് മന്ത് വൈ സർവാണി കർമാണി സന്ദേശം എല്ലാ കർമ്മങ്ങളും എന്നും സമർപ്പിച്ചിട്ട് നിരാശ ആശയില്ലാത്ത നിർമ്മം മമതയില്ലാത്ത മികതച്ച് കോപതാപങ്ങളൊന്നുമില്ലാതെ യുദ്ധ യുദ്ധം ചെയ്യണം നേരിട്ട് പറയണം യുദ്ധത്തെക്കുറിച്ച് തന്നെ പറയുന്നു വേറെ കാര്യങ്ങളെക്കുറിച്ചും യുദ്ധം ചെയ്യണം കോപതാപങ്ങളൊന്നുമില്ലാതെ എല്ലാ കർമ്മങ്ങളെയും അർപ്പിച്ചിട്ട് ഇതാണ് മൂന്നാം ധേപ്രിവിടെ മാ കർമ്മഫലഹേതു പറഞ്ഞാൽ കർമ്മഫലത്തിന് ഹേതു ആകുന്നു എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തിന് ഹേതു കർമ്മത്തിനും ഹേതു ഭഗവാനാണ് എന്നറിയണമെന്ന് എന്നിട്ട് കർമ്മം ചെയ്യും തഥായി സംഗ്രഹ ഇക്കാര്യം തന്നെ സംഗ്രഹത്തിൽ പറയുന്നു യാമനാചാര്യന്റെ ഗീതാഗ സംഗ്രഹത്തിൽ എന്താണ് മൂന്നാധ്യായത്തിന്റെ താല്പര്യം എന്ന് പറയുമ്പോൾ ഇക്കാര്യമാണ് പറയും അസക്തി ലോകരക്ഷായി ഗുണേഷ ആരോഗ്യകർത്ത സർവേശ്വര കർമ്മകാരിതാ കർമ്മകർത്തവ്യം കർമ്മം ചെയ്തേ തീരും അവിടെ പറയുന്ന യുദ്ധത്തെ കുറിച്ചാണ് നീ ചെയ്തേ തീരുമെന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു ഒന്ന് സത്യ സംഘമില്ലാതെ കർമ്മം ചെയ്യണം കർമ്മവും എന്റെ ഫലവും നിന്നെ ബാധിക്കാതിരിക്കുന്നതിന് കർമ്മം സംഘമില്ലാതെ യുദ്ധം ചെയ്യണം ലോകരക്ഷായി ലോകരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം അത് ലോകരക്ഷ പരിത്രാണായ സാധുവിനാം വിനാശായ ചതുഷ്കൃതാം അത് ഗുണേഷ് ആരോഗ്യ കർത്തൃതാം അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം നിന്റെ കർത്തൃത്വത്തെ ഗുണങ്ങളിലേക്ക് ഗുണങ്ങളിലാണെന്ന് മനസ്സിലാക്കുന്നു ആരോഗ്യമിച്ച് മനസ്സിലാക്കും ഗുണ ഗുണേഷൻ ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത് തത്വൻ രജസ് തമസ്സം എന്ന് പറയുന്നത് ആരല്ല നീ ആയിരിക്കുന്ന ആത്മാവൻ ആത്മാവിൽ നിന്നത് ഗുണങ്ങളിലേക്ക് വയ്ക്കും അല്ലെങ്കിൽ സർവേശ്വര ഈശ്വരനാണ് കാരണം ഈ ജീവനാകുന്ന ശരീരത്തോടുകൂടിയവനാണ് ഈശ്വരൻ അപ്പൊ ആ ജീവന്റെ നിയന്താവായിരിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരനാണ് ബ്രാഹ്മീൻ സർവഭൂതയും സർവഭൂതങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് അപ്പൊ ഈശ്വരന്റെ സ്വന്ത്രമായി സ്വേച്ഛയ്ക്ക് അധീനമായി യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല കർമ്മത്തിന് സ്വാതന്ത്ര്യം ഉണ്ടെന്നൂടെ പറയുന്നു അതിൻ്റെ ഇവനം വ്യക്തമായി പറയും ജീവനെ കർമ്മം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യം പറയുന്നത് ഈശ്വരം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് അപ്പൊ കർമ്മം ഈശ്വരന് അധീനമാണ് ഈശ്വര അധീനമായി ഇതും മനസ്സിലാക്കിയിട്ട് ഈശ്വരന്റെ ശരീരം മാത്രമായിരിക്കുന്നത് ഈശ്വരൻ അധീനമായിട്ട് മാത്രമേ നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ കഴിയത്തുള്ളൂ പൂർണ്ണമായും ഈശ്വരന്റെ നിയന്ത്രണത്തിന്റെ വിധേയനാണെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തന്നെ ഈശ്വരൻ അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം മനസ്സിലാക്കി സർവേശ്വര്യ ഇതെല്ലാം കർമ്മങ്ങളെല്ലാം ഈശ്വരന് സമർപ്പിച്ചിട്ട് കർമ്മകാര്യത കൃതിയെ ഉത്ത കർമ്മം ചെയ്യേണ്ടതാണെന്നാണ് മൂന്നാം അധ്യായത്തിൽ പറയുന്നത് അതുകൊണ്ട് കർമ്മഫലഹേതഭൂമ എന്ന് പറയുന്നതിന്റെ അർത്ഥം കർമ്മത്തിന് കാരണക്കാരൻ ഈശ്വരനാണ് അല്ലെങ്കിൽ സപ്തൻ രജസ്വ തമസ്സം എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളാണെന്നറിഞ്ഞ് കർമ്മം ചെയ്യുക അല്ലാ കർമ്മഫലത്തെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല എന്നുള്ള വ്യക്തമായി പറയുന്നു അഹേതുകത്വ ചോദ്യം താമത് അപ്പോ എങ്ങനെ അഹേതുവാകും ഞാൻ കാരണക്കാർ അല്ലാതെ കർമ്മം എങ്ങനെ ചെയ്യും ഫലത്ത് കർമ്മത്തെപേക്ഷിക്കണമല്ല ഈശ്വരൻ ചെയ്യുന്നു ഈശ്വരൻ ചെയ്യിക്കും തന്നെ കൊണ്ട് രണ്ടുകൊണ്ട് ഈശ്വരനാണ് ചെയ്യുന്നത് തന്നെ കൊണ്ട് ചെയ്യിക്കും ഇങ്ങനെ ചിന്തിക്കണമെന്നാണ് അതാണ് ഇതിൻ്റെ മാ കർമ്മഫല ഹേതം എന്ന് മാ ഫലേഷം എന്ന് പറയുന്നിടത്ത് ഇത് തന്നെയാണ് താല്പര്യം ഫലം പറയാൻ കാരണം വൈദികമായ കർമ്മങ്ങളും മറ്റ് കർമ്മങ്ങളും ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ചുകൂടി വ്യക്തതയുള്ളൂ എന്താണ് ഇവിടെ വിവക്ഷിക്കുന്നതെന്ന് വ്യക്തതയുള്ള വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാമാനുജാചാര്യനും വേദാന്ത ദേശികനും ഒക്കെ വ്യഖ്യാനിക്കുമ്പോ അടുത്ത ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇതിന്റെ അർത്ഥം ഇതാണെന്ന് പറയുക സ്വന്തം ഭാവനുസരിച്ച അർത്ഥം പറയുക ഒന്നാം തീയതി പറയുന്നുണ്ട് മൈ സർവാണി കർമാണി സന്യസി അധ്യാത്മ ജേതസ് എല്ലാ കർമ്മങ്ങളിലും എന്നിൽ സമർപ്പിക്കണമെന്ന് വ്യക്തമായി പറയുന്നു അതുകൊണ്ടാണ് ഇവിടെ കർമ്മഫലത്തിന് ഹേതുവാകുക എന്ന് പറയുമ്പോൾ കർമ്മത്തെയും ഫലത്തെയും ഈശ്വരന് സമർപ്പിക്കണമെന്ന് വ്യക്തമായി പറയുന്നു ആ അടുത്തു വരാൻ പോകുന്ന ഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി അർത്ഥം പറയുന്നു എന്ന് പറയുമ്പോൾ അതിന് കുറച്ചുകൂടെ വ്യക്തതയുണ്ട് അനുസന്ധാനം ചെയ്യുന്നു അനുഷ്ഠാന പ്രശ്നങ്ങൾ തടവസ് ചെയ്തു താൻ കാരണക്കാരനല്ല എന്ന് ചിന്തിക്കുമ്പോ കർമ്മം ചെയ്യാതിരിക്കത്തില്ലേ താൻ കാരണക്കാരനല്ലേ ചെയ്യും ഈശ്വരനിലെ കർമ്മം ചെയ്യും അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്നു ഞാൻ കർമ്മത്തിന് കാരണം അല്ല ഞാൻ ചെയ്യുന്നു അപ്പൊ പിന്നെ ചെയ്യണ്ട എന്നൊരു മനസ്സ് വരും അങ്ങനെയല്ല അനുഷ്ഠാന അനനുഷ്ഠാനതയാ വിരോധസ്യാണ് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കുക എന്നല്ല അവിടെ പറയുന്നു അനുഷ്ഠാന അനനുഷ്ഠാനതയാ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കാൻ ധരിച്ചാൽ അത് ഭ്രാന്തിയാണ് അക്കാര്യമല്ല ഇവിടെ പറയുന്നത് വിരോധസ്ഥ അങ്ങനെയാണെങ്കിൽ കർമ്മത്യാഗം എന്ന് പറയുന്ന ഒരു ദോഷം കർമ്മത്യാഗത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് പിന്തു അനേക ഹേതുഗെ പ്രസിഞ്ചിത് ഏകസേവ ഹേതുത്വം ത്രൈപുണ്യാനുപാധിക സ്വരൂപ പ്രയുക്തത്വിച്ച ഭ്രാന്തിസത്വം വേണ്ടിയിട്ട് അത് ഭയങ്കര ഈ കേവലമായ ആത്മാവ് കർമ്മം ചെയ്യുന്നു അങ്ങനെ ഒരു ചിന്ത വരാൻ പാടില്ല കർമ്മത്തിന് നിരവധി കാരണങ്ങളും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ എല്ലാ കാരണങ്ങളെയും കണക്ക് അതാണ് അനേക വിധേയത്തിലേയും കർമ്മം എന്ന് പറയുന്ന കസ്മിൻസിൻ ഏകസ്യ വിഭേദം അവിടെ ഏതെങ്കിലും ഒന്നാണ് കാരണം അങ്ങനെ ധരിക്കാൻ പാടില്ല പിന്നെ ത്രൈഗുണ്യാദിപാധിക സ്വരൂപപ്രയുക്ത കർമ്മം എന്ന് പറയുന്നത് ത്രിഗുണങ്ങളാകുന്ന ഉപാധിയോടുകൂടി ചെയ്യുന്ന കേവലമായ ആത്മാവ് ചെയ്യുന്ന സ്വരൂപപ്രയുക്തം എന്ന് വെച്ചാൽ കേവലമായ ആത്മാവ് ചെയ്യുക അങ്ങനെ കുടങ്ങളോട് കൂടി ചേർന്നാണ് ആത്മാവ് കർമ്മം ചെയ്യുന്നത് സ്വയം ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനൊരു കാരണമേ ഉള്ളൂ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭ്രാന്തി എന്ന് വെച്ചാൽ ഞാൻ ഒരാളാണ് കർമ്മത്തിന് കാരണം അവിടെയുള്ള അഭിമാനം അഹങ്കാരമൊക്കെ ഞാൻ ചെയ്തു അപ്പൊ നീ ഒരാളെന്ന കർമ്മത്തിന് കാരണം കർമ്മത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഇവിടെ കർമ്മത്തെ സംബന്ധിച്ചിട്ട് ഭ്രാന്തി വരാൻ പറഞ്ഞാൽ ഒരാളാണ് കർമ്മം ചെയ്യുന്നത് കേവലമായ ആത്മാവാണ് കർമ്മം ചെയ്യുന്നത് അങ്ങനെയല്ല എന്തുകൊണ്ട് പക്ഷേ തേടി ശരീരവാങ് മനോഭി ഇത്യാവശ്യം ഒത്തിരിധിക അധ്യായത് ശരീരവാങ് മനോഭി കർമ്മപ്രാരഭതകൾ ജന ന്യായം വരീതം വഞ്ചയതേ തസ്യ ജീതേ തസ് ഗീത പഠിക്കുകയായിരിക്കുന്നു ഹേത പിന്നെ അടുത്തതെന്താണ് അടുത്ത പദ്യം എന്താണ് അധിഷ്ഠാനം തഥാ ഭർത്ത കരണഞ്ച് പ്രതംഗിതം യുധാച്ച് പ്രത ചേഷ്ഠ ദൈവം ചെയ്വാത്ര പഞ്ചമ അവിടെ വ്യക്തമായും പറയുന്നുണ്ട് അധിഷ്ഠാന കർത്ത കരണ പ്രതിവിധം വിതാച്ച പ്രതി ചേഷ്ടൈവം ഈശ്വരൻ എല്ലാം കൂടി ചേർന്നാണ് കർമ്മം ചെയ്യുന്നത് തൃതീയാധ്യായ മൂന്നാം അധ്യായത്തിലും മൂന്നിന് മുപ്പതാമത്തും മുമ്പ് ഞാൻ പറഞ്ഞത് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത് മതി മൂന്നില് മുപ്പത് കർമ്മിധ നിരവധിപതി മോട്ട് മൂന്നാം തീയതിക്ക് ഇവിടെ എല്ലാം പറയുന്നത് എന്താണ് കർമ്മം എന്ന് പറയുന്നത് കേവലമായി ആത്മാവ് ചെയ്യുന്നത് അതിന് ത്രികുളം ജീവനെ സംബന്ധിച്ചിടത്തോളം കർമ്മം ഈശ്വരൻ ചെയ്യുകയാണ് ശരിക്കും കർമ്മം ചെയ്യുന്ന ഈശ്വരനാണ് ഇതേ മുഴുവൻ അങ്ങോട്ട് പറയും നിമിത്ത മാത്രം മഹസം നിമിത്തമാകും കർമ്മം ചെയ്യുന്ന ഞാനാണ് വിമേലോക കർമ്മ ചെയ്തതും ഞാൻ കർമ്മം ചെയ്തതിന് അനുഭവം അതാ രസിച്ചു ഞാനാണ് കർമ്മം ചെയ്യുന്നത് ഇത് പല ഭാഗത്തും പറയും പിന്നെ സാക്ഷാത് കർത്തൃത്വ അനുസന്ധാന വിനോമി അവർത്തൃത്വ അനുസന്ധാന കർത്തൃത്വ പ്രതിപത്തി <esareremiah> ി അനുഷ്ഠാന കർത്തൃത്വ അനനുസന്ധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്തൃത്വത്തെക്കുറിച്ച് ചിന്തിക്കരുത് ഈശ്വരനാണ് ചെയ്യുന്നത് അപ്പൊ ഞാനാണ് ചെയ്യുന്നതെന്ന് അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ അവിടെ കർത്തൃത്വ അനുസന്ധാനം അതിനെ നിഷേധിക്കുന്നില്ല അകർത്തൃത്വ ആദ്യം പറഞ്ഞെന്താണ് കർത്തൃത്വ അനനുസന്ധാനം കർത്തൃത്വത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അതാണെന്ന വേറൊരു ഭാഷയിൽ പറയുന്നത് എന്താണ് അകർത്തൃത്വ അനുസന്ധാനം അതിനെ നിഷേധിക്കുന്നു രണ്ടു തരത്തിലും ചിന്തിക്കാം ആദ്യം പറയുന്ന എന്താണോ ഞാൻ കർത്താവാണെന്ന് ചിന്തിക്കാതിരിക്കുക നിഷേധാത്മകമായി രണ്ടാമെന്ന് പറയുന്ന എന്താണ് ഞാൻ അകർത്താവാണെന്ന് ചിന്തിക്കുക ഇത് രണ്ടും ഇതിന്റെ ഭാഗമായി വരുന്നു രണ്ടും ഫലത്തിലൊന്നുകൊണ്ടെങ്കിലും ഒന്നൊരു നിഷേധാത്മകമായി എങ്ങനെ കടത്തർത്തോ അനുസന്ധാനം കത്താവാണെന്ന് ചിന്തിക്കാതിരിക്കുക അതിന് അവിടെ വാക്യത്തിൽ നഞ്ഞിന്റെ പ്രയോഗം ഒരുപാടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിക്കിഴ്ചാണ് അർത്ഥം മനസ്സിലാക്കുക അല്ലെങ്കിൽ തെറ്റിപ്പോവും വായിച്ച് മനസ്സിലാക്കും കർത്തൃത്വ അനനുസന്ധാനം അവിടെ നിന്നുണ്ട് അകർത്തൃത്വം അവിടെ നിന്നും പിന്നെ അകർത്തൃത്വ അനുസന്ധാന കർത്തൃത്വ പ്രതിപത്തിന്റെ ശേഷം അവിടെ നിന്നുണ്ട് അനനുസാനം അവിടെ നിന്നുണ്ട് എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച് വരുമ്പോൾ കിട്ടുന്ന അർത്ഥമാണ് ഞാൻ പറയുന്നത് എന്താണ് കർത്തൃത്വ അനുസന്ധനത്തിൽ ഞാൻ കർത്താവാണ് ചിന്തിക്കാതിരിക്കുക പിന്നെ അകർത്തൃത്വ അനുസന്ത ഞാൻ അകർത്താവാണെന്ന് ചിന്തിക്കുക അത് നിഷേധിക്കുന്നില്ല അതുപോലെ തന്നെ പ്രതിപത്തി അതിനെ നിഷേധിക്കുക കർത്തൃത്വ പ്രതിപത്തിന്റെ കർത്തൃത്വം ഞാൻ അല്ലെങ്കിൽ കർത്തൃത്വപ്രാപ്തി സ്വാഭാവികം വന്നു ചേരുന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കത് വന്ന് ഞാനാണ് ചെയ്യുന്നത് അതിൻ്റെ നിഷേധം ആവശ്യമാണ് മൂന്ന് കാര്യങ്ങളാണ് അന്ന് ഞാൻ ചെയ്യുന്നു എന്നുള്ള സ്വാഭാവികമായി വന്നു ചേരുന്ന വിചാരത്തെ കളയുക രണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അനുസന്ധാന ചിന്തിക്കുക പിന്നെ കർത്തൃത്വത്തെ ചിന്തിക്കാതിരിക്കുക അതാണ് നമ്മൾ പറയുന്നതിന് ചുരുക്കം സഹി കുറുവന്നേവ സ്വകൃത ഉപകാര നിഗൂഹനവ അഹാരിബോധ്യനത്തതാ പ്രതിപത്യതേ സഹി കുറുവന്നേവർ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എങ്ങനെയാണോ സുഹൃദ ഉപകാര നിഗൂ നിഗൂഹനം ഒരാൾ ഒരുപാട് ഒരു വ്യക്തി വ്യക്തിയെക്കുറിച്ച് പറയാം മറ്റുള്ളവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ വെച്ച് പക്ഷേ അതെന്ത് ചെയ്യുന്നു താൻ ചെയ്യുന്ന ആ നല്ല കാര്യങ്ങളെ നിഗൂഹനമാക്കി വയ്ക്കുന്നു വേണ്ടി അത് പരസ്യപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ അഭിമാനം അഹങ്കാരം എന്ന് കരുതി ഞാൻ ദാനം ചെയ്തു പുറമേ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അതെൻ്റെ ഒരു അഹങ്കാരമാകുമല്ലോ അങ്ങനെ ദാനം ചെയ്തിട്ടത് വെളിപ്പെടുത്താൻ പാടില്ലല്ലോ എന്ന് കരുതി അവിടെ എന്താണ് അയാൾ അങ്ങനെ ചിന്തിക്കുന്നത് കണ്ണിൽ വരുന്ന കർത്തൃത്വത്തെ അഹങ്കയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ നിഗൂഹനം ചെയ്യും ദാനം പോലെയുള്ള സത്കർമ്മങ്ങളാണ് ദാനം സേവ ഇതല്ല സത്കർമ്മങ്ങളാണ് ചെയ്തിട്ട് അതിനെ വെളിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഹന്ത വരും കർത്തൃത്വ ബുദ്ധി വരും അത് ഒഴിവാക്കാൻ വേണ്ടി ഒരാൾ എന്ത് ചെയ്യുന്നു ആ സത്പ്രവൃത്തികളെയൊക്കെ ഒളിച്ചു വരും അതോട് പരസ്യമായി വെളിപ്പെടുത്തി സ്ഥാനം പറയാനുണ്ടല്ലോ വലതു കൊണ്ട് കൈകൊണ്ടി ചെയ്യുന്ന എടുക്കുകയറിയ അങ്ങനെ പ്രവർത്തിക്കുന്നു അതൊരു ഉത്തമമായ ഗുണമാണ് അതുപോലെ ആഹാരി ബോധേന കഥാപാഠ ഇവിടെ രണ്ടു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർത്തൃത്വ അനുസരിച്ച് കർത്തൃത്വത്തെ അയാൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ കടത്താവണം ചിന്തിക്കുന്നില്ല അതോടൊപ്പം തന്നെ അവിടെ ആഹാരി ബോധം ആഹാരിയബോധം എന്ന് പറഞ്ഞാൽ സാറിന് പറയും ആഹാരിശോഭ ഒരു വ്യക്തിക്ക് ശോഭയുണ്ട് ആഹാരി ശോഭ എന്ന് വെച്ചാൽ ആ ശോഭയെ അലങ്കാരങ്ങൾ കൊണ്ടും മറ്റും ആഹാരി ശോഭ എന്ന് പറയുന്നത് അങ്ങനെ ഹൃദയ ശോഭയുണ്ട് പക്ഷെ ശോഭയെ വർദ്ധിപ്പിക്കുക അലങ്കാരങ്ങളും മറ്റും അതിനാ രണ്ടാമത് കൂടുതലായി വരുന്ന ശോഭ ആഹാരി ശോഭ അധികമായി വരുന്ന ഭയങ്കര അതുപോലെ ഇവിടെ പറയുന്ന എന്താണ് കർത്തൃത്വമൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ആ ഒരു അറിവിന്റെ അടുത്ത് മറ്റൊരാഹാരി ജ്ഞാനമുണ്ട് എന്താണ് അകർത്തൃത്വത്തെ പോയി കുറിച്ചുകൂടി ചിന്തിക്കുക രണ്ടാമത് പറഞ്ഞു രണ്ടായിരുന്നു കർത്തൃത്വത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മറ്റൊരു ജ്ഞാനമാണ് ഞാൻ അകർത്താവാണെന്നുകൂടി ചിന്തിക്കണം രണ്ടാമത് വരുന്നത് ആഹാര്യജ്ഞാനമാണ് അധികജ്ഞാനമാണ് അതും ഇവിടെ അത്രയും സൂക്ഷ്മമായി ഇതിനെ വിശദീകരിച്ച് പറയണം നമ്മളിതൊന്നും ചിന്തിക്കാൻ മെനപ്പെടുന്ന ആൾക്കാരല്ല നമ്മളിത് നമ്മളോടൊക്കെ പറയുന്ന അറിയപ്രസംഗമാണ് പക്ഷെ നമ്മളൊക്കെ ഇതൊക്കെ വായിക്കും പഠിക്കുമെന്ന് വിചാരിച്ചല്ല വരുന്നതൊക്കെ പറയുന്നു അതുകൊണ്ട് അവരങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് രണ്ടു കാര്യങ്ങൾ കർത്താവാണെന്ന് ചിന്തിക്കരുത് അത് സമയം ഞാൻ ആകർത്താവാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു ആ രണ്ടാമെന്ന് വരുന്നതാണ് ആ കാര്യം ഞാൻ അതിന് പറഞ്ഞു ഉദാഹരണമായി പറഞ്ഞ എന്താണോ ഒരാള് സത്പ്രവൃത്തി ചെയ്യുന്നു അപ്പോ സത്പ്രവൃത്തി ചെയ്യുമ്പോ തന്നിൽ കടുത്തിടത്വം വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു വേറൊരു പ്രവൃത്തി ചെയ്യുന്നു എന്താണോ ആ പ്രവൃത്തിയെല്ലാം ഒളിപ്പിച്ചു അതൊരുദാഹരണമായി പറഞ്ഞു ചെയ്യുന്നു ചെയ്തിട്ട് തന്നിൽ അഭിമാനം നമ്മൾ ചെയ്തിട്ട് അത് പ്രഖ്യാപിക്കണം ഞാൻ ഇന്ന് തന്നെ അത് ചെയ്തെന്ന് വരുമ്പം ആ ചെയ്യുന്ന ആളിൽ അഭിമാനം ഉള്ളതുകൊണ്ടാണ് ഒരാളൊരമ്പലത്തിൽ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു അവിടെ എന്തെങ്കിലും ചെയ്യും അവിടെ ഒരു സ്വർണ്ണ കൊടിമരത്തിൽ സ്വർണം മൂശ എന്നിട്ട് അവരെഴുതി വെച്ചിരിക്കുന്നു ഇന്ന അവരുടെ സംഭാവനയാണ് അപ്പോ അയാൾ ചെയ്ത ഒരു ദാനമാണ് പക്ഷെ അവിടെ എഴുതി വെക്കുന്നു അപ്പോ ഇതിങ്ങനെ എഴുതി വയ്ക്കുന്നത് തന്നുള്ളൊരു ബുദ്ധി ഉണ്ടാകും തനിക്ക് അഭിമാനം ഉണ്ടാക്കും എന്ന് കരുതിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു അത് ഒളിച്ചു വയ്ക്കുന്നു അത് കൂടുതലായി വരുന്ന ഒരു യോഗ്യതയാണ് അയാൾ ഒരു ആഹാരിക യോഗ്യത എന്ന് പറയും ദാനം ചെയ്യുന്നതിന് അയാളുടെ യോഗ്യതയാണ് അല്ലെങ്കിൽ അനങ്ങൾ സ്വന്തം കാസർ അമ്പലത്തിൽ കൊണ്ടുപോകും അതായുടെ യോഗ്യത തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ ഒരു യോഗ്യത കൂടുതലാണ് അയാൾ അതിനെ പ്രഖ്യാപനം ചെയ്യുന്നത് കീർത്തി അതിനെ ഒഴിവാക്കും അപ്പോ കീർത്തിയെ ഒഴിവാകുമെന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മഹത്വം അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് കാരണം അത് അഭിമാനത്തിലുണ്ടോ ദുരഭിമാനത്തിലുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് ശേഷമുള്ളവനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഒരു സത്കർമ്മത്തിൽ മറ്റൊരു സത്കർമ്മം കൂടെ വരുന്നത് ദാനം എന്ന് സത്കർമ്മത്തിൽ കീർത്തിയെ ഒഴിവാക്കുന്നു അതുപോലെ ഇവിടെ ഒരു ജ്ഞാനത്തോടൊപ്പം മറ്റൊരു ജ്ഞാനം കൂടെ കൂട്ടിച്ചേർക്കും എന്നാണ് പറയുന്നത് അന്യേത്രവാ കർമ്മണിക്രിയമാണ് കർമ്മം ചെയ്യുന്നു എന്നാണ് ആ കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ അന്യത്ര എന്ന് വെച്ചാൽ അത് ഈശ്വരനെ സമർപ്പിക്കും അല്ലെങ്കിൽ ഗുണങ്ങളിൽ ആണെന്ന് കരുതുന്നു രണ്ടിടത്തായാലൊന്നു വരുന്നു അയാള് അകർത്തൃത്വ അനുസന്ധാനം വരുന്നു അല്ലെങ്കിൽ അയാള് ഞാൻ കർത്താവല്ല അറിയും മുമ്പ് പറയുന്നു കർത്തൃത്വ അനനുസന്ധാനം ഞാൻ കർത്താവല്ലാന്ന് അറിയും ഇപ്പൊ അവിടെ എന്താണ് മാ കർമ്മഫല ഭേദൃഭൂ എന്ന് പറയുന്നതിന് ഒരു ദോഷമുണ്ട് അത് കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നില്ല എന്ന് ചുരുക്കം അവളുടെ അവിടെ ഞാൻ കർത്താവല്ല എന്ന് ചിന്തിക്കുന്നേ അതിന് ശങ്കരായർ പറയുന്ന രാമാനുജാചാര്യൻ പറയുന്ന വരുന്ന വ്യത്യാസം ഹമാൻ വിചാരിച്ചു പറയുന്നു ഞാൻ കർത്താവല്ല എന്ന് വിചാരിച്ചു കർത്താവ് ആരാണ് ഈശ്വരനാണെന്നും അതൊന്നും ശങ്കരായർക്ക് സമ്മതമല്ല താൻ കർത്താവാണല്ലോ ഈശ്വരനും കർത്താവാണെന്നോ അതൊന്നും സമ്മതമല്ല താൻ അകർത്താവായിരിക്കുന്നു എന്നുകൊണ്ട് ആത്മാവ് കർത്താവല്ല അതുകൊണ്ട് രണ്ടുപേരും പറയുന്നതിന്റെ വ്യത്യാസം സർവേശ്വര മയ സർവേശ്വരേജി നിർദ്ദേശം തസ്മൻ കർത്തൃത്വ അധ്യവസായ ഔചിത്യാണ് ഈശ്വരൻ കർത്തൃത്വത്തെ നിശ്ചയിക്കുക ഈശ്വരനാണ് ചെയ്യുന്നത് അത് എത്രയോ തരത്ത് സ്ഥലത്ത് ഞാനാണ് എന്താണ് ചെയ്യുന്നത് മയ അധ്യക്ഷണ പ്രകൃതി സ്വീകദേശിച്ച രാജ പ്രകൃതിയെ കൂടെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും പ്രവൃത്തി തന്നിലാണ് സംഭവിക്കുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈശ്വരന് കർത്തർത്തം മകിയാത്താൻ ജീവശ്യാവി ഈ കർത്തൃത്വം തത്വത പരമാത്മാമിതി പരാശിത്യധികാരെ സ്ഥാപിക്കുന്നു ബ്രഹ്മസൂത്രത്തിലെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ജീവനിലൊരു കർത്തൃത്വം ഉണ്ടല്ലോ അത് പറയുന്നുണ്ട് ജീവൻ പ്രവൃത്തി സ്വതന്ത്രമായി ചെയ്യൽ ഓരോന്ന് അറിയുന്നു ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു മനുഷ്യങ്ങളോ ചെയ്യുന്നത് അതുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും തത്വ പരമാത്മാ അതൊക്കെ ശരിക്കും ഈശ്വരാധീനമാണ് കർത്തത് എവിടെ പരാത്ത് തത്ശ്രുതേ അത് ശ്രുതി പറയുന്നത് പരാ അത് ഈശ്വരാധീനമായതുകൊണ്ടാണ് ജീവനിൽ കർത്തൃത്വം വരുന്നത് സ്വതേ കർത്തൃത്വം ഇല്ല ഇതും നിർമ്മസം തലത്തിൽ ഇക്കാര്യം സമർപ്പിക്കുന്നുണ്ടെന്ന് നന്ദി